പുറമേയുള്ള ജനങ്ങൾ ആരുമെന്റെ സുഖത്തിനോ ദുഃഖത്തിനോ കാരണമല്ല ദേവത കാരണമല്ല എന്തെങ്കിലും ചൊവ്വയോ ശനിയോ ഈ ഗ്രഹങ്ങളൊന്നും കാരണമല്ല കാലം കാരണമല്ല പ്രാരബ്ധ കർമ്മവും കാരണമല്ല മനസ്സാണ് കാരണം മനസ്സിനെ അങ്ങോട്ട് വിട്ടപ്പോ ഞാൻ സ്വതന്ത്രനായി ആ മനസ്സിനെ വിട്ടവൻ പുറത്തുനിന്നുള്ള ഒന്നുകൊണ്ടും ബാധിക്കപ്പെടുന്നില്ല ഇയാളിൽ നിന്നും ലോകത്തിന് യാതൊരു വിഷമമില്ല സന്യാസമതാണ് അഭയം സർവഭൂത ഇനി എന്നിൽ നിന്നും ലോകത്തിന് ആർക്കും ഒരു വിഷമമില്ല ലോകത്തിനോടും ഞാൻ കോമ്പറ്റീഷൻ മാത്സര്യത്തിനൊന്നുമില്ല അപ്പോഴേ സന്യാസിയാവുള്ളൂ നിർമത്സരനാണ് യതി ഒരു മാത്സര്യത്തിനും എല്ലാം നിങ്ങൾ മുമ്പിലെടുത്തോളൂ ഞാൻ പുറകെരുന്നോളൂ ഒന്നിനും ചണ്ടയ്ക്കില്ല എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞാലേ ഇവിടെ ചണ്ടയുള്ളൂ അല്ലെങ്കിൽ ഒരു ചണ്ടയില്ല ഒരു സന്യാസി ഭിക്ഷ എടുക്കാൻ പോയപ്പോ രണ്ടുപേര് വേലി തർക്കം ചെയ്യണത് കണ്ടു അയാളെ തിരിച്ചു വന്നിട്ട് ഗുരുവിനോട് ചോദിച്ചു എന്തിനാണ് അവർ ഈ ചണ്ട കൂടണം വെച്ചു അതോ ഞാൻ പറഞ്ഞുതരാമെന്ന് വന്നിട്ട് അയാളുടെ കയ്യിലൊരു കമണ്ഡലുണ്ട് ആ കമണ്ഡലത്തിനെ ഗുരു വാങ്ങിച്ചു എന്നിട്ട് പറഞ്ഞു ഇത് എന്റെ ആണെന്നോ അങ്ങനെന്താ സ്വാമി എടുത്തോളൂ എന്ന് തോന്നുന്നു അപ്പൊ ആ സ്വാമി പറഞ്ഞു എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല ചണ്ട കൂടണമെങ്കിൽ ഇതെടുക്കുമ്പോ ഇതെന്റെ ആണെന്ന് പിന്നെ പിടിച്ചു വാങ്ങണം അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കും മമതയുണ്ടെങ്കിലേ ചണ്ട വരള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ചണ്ട കൂടാൻ പറ്റും മാത്സര്യമില്ലാത്തവനാണ് സന്യ ഒന്നിനും കോമ്പറ്റീഷനേ ഇല്ല എത്ര എളുപ്പമാണ് അറിയോ അധ്യാത്മം പക്ഷെ ഇന്നിപ്പോ നമ്മൾ അധ്യാത്മ ലോകം കാണുമ്പോ പേടി തോന്നുന്നു എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ ആവണം എത്രയോ കെട്ടിപ്പടുക്കാനുണ്ട് എത്രയെത്രയോ ഇതൊക്കെ ആവാനുണ്ട് അതൊക്കെ കാണുമ്പോ ഇതിനേക്കാളും വേദം നമ്മൾ വേറെന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് ഇരുന്ന് ഇളയാൻ തോന്നുന്നു ഒന്നും ആവാനില്ല ൊന്നും ആവാനില്ല ഒന്നും ആയിത്തീരാനില്ല ഇപ്പൊ എന്തൊക്കെ ആയിട്ടുണ്ടോ അതൊക്കെ അയച്ചു കളഞ്ഞാൽ മതി ഇപ്പൊ എന്തൊക്കെ ആയിരിക്കണോ അതൊക്കെ മാറ്റിക്കളഞ്ഞാൽ മതി ഒന്നും ആവാനില്ല ഒന്നും നേടിയെടുക്കാനില്ല യാതൊന്നും സമ്പാദിക്കാനില്ല ഒരു സാധനയും ചെയ്യാനില്ല വ്യതിരേക സാധനയാണ് ഇപ്പൊ എന്തൊക്കെയോ ആവണമാവണമെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ അതൊക്കെ വിട്ടാൽ മതി ലോകത്തിലെ മുമ്പിൽ വലിയ ആളായിട്ട് നിൽക്കാതെ പുറകെ എവിടെയെങ്കിലും പോയി ഇരുന്നോളാ എന്ന് പറഞ്ഞാൽ മതി ഇന്ന് വിട്ടാൽ മതി എന്നാണ് സമാധാനം ആരും വന്നിട്ടില്ലെങ്കിൽ സമാധാനം മഹാപുരുഷന്മാരുടെ ഒക്കെ രഹസ്യം അതാണ് രമണ ഭഗവാനെ ഒരാൾ ഒരുപാട് ദ്വേഷിച്ച് ഒന്നുമില്ലാത്ത ആളുകൾക്കും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും മഹർഷിയെക്കുറിച്ച് വായി തോന്നിയ കഥകളൊക്കെ എഴുതി പ്രചരിപ്പിച്ച് ആ എഴുതിയതൊക്കെ മഹർഷി തന്നെ ഇരുന്ന് സ്പെല്ലിംഗൊക്കെ തിരുത്തി കൊടുക്കും തിരുത്തിക്കൊടുത്തിട്ട് ഭഗവാൻ പറയും ഇവൻ എഴുതുന്നതൊക്കെ നമ്മൾ തന്നെ പാവമായയാൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ തന്നെ ഇത്തിരി പൈസ ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്ത് കൊടുത്ത് നമ്മളുടെ ആശ്രമത്തിൽ തന്നെ വാങ്ങിവെച്ച് ഇത് വിറ്റുകൊടുത്താൽ അത് വായിച്ചിട്ട് ഇവരാരും എന്നെ കാണാൻ വന്നിട്ടില്ലെങ്കിൽ അത്രയും സമാധാനം അവിടെ പ്രചരിപ്പിക്കൽ പ്രൊപ്പകേഷൻ ഇതൊന്നുമില്ല ഒന്നും ആവാനില്ല എസ്മാന്നോ ദ്വിജതേ ദ് ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേജയ ഹർഷ അമർഷ ഭയ ഉദ്വേഗ ഹി മുക്ത എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് തുള്ളിച്ചാടാനൊന്നുമില്ല അമർഷം ആരോടും കിട്ടിയിട്ടില്ല എന്നുള്ള കംപ്ലൈന്റ് ഇല്ല അല്ലെ ജീവിതത്തില് ആളുകൾക്ക് അവർക്ക് കിട്ടേണ്ടത് എന്തെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ എത്ര അമർഷാണ് എന്നെ മാത്രം റെക്കഗ്നൈസ് ചെയ്തില്ല എനിക്ക് കിട്ടേണ്ടത് മാത്രം കിട്ടിയില്ല എനിക്ക് അവാർഡ് കിട്ടിയില്ല ഒക്കെ തോന്നും ഭയം ഉദ്വേഗം ഇതൊന്നും ഇതൊക്കെ തന്നെ അജ്ഞാനത്തിന്റെ ലക്ഷണങ്ങളാണ് അഭിമാനത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോ ശാന്തമായി പ്രശാന്തം ഹർഷ അമർഷ ഭയ ഉദ്വേഗി മുക്ത य सच मे प्रिय अगेवन वियना अ्लोक अनपेक्षशुक्ष उदासीनो गथ सर्वांभपरितागी यो मत सिय ിയ വിഷയ സംബന്ധാദിക്ഷു സംബന്ധാദിക്ഷു അപേക്ഷ നിസ്പൃഹം ഒന്നും അപേക്ഷിക്കണില്ല അപ്ലിക്കേഷനേ ഇടണില്ല അപേക്ഷാ ഫോറമേ ഇല്ല ഭക്തന്റെ അടുത്ത് നമുക്ക് ഭഗവാന്റെ അടുത്ത് മുഴുവൻ അപേക്ഷാ ഫോറമാണ് അല്ലെ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞാൽ എന്തിനാ എന്നാ ചോദിക്കണം എന്നുവെച്ചാൽ ഒന്നുമില്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അമ്പലത്തിൽ പോകേണ്ട പോകുന്ന എന്താ അങ്ങനെ വന്നത് അമ്പലത്തിൽ പോണതിനെ എന്തോ എന്തോ കാര്യം നടക്കാൻ വേണ്ടിയിട്ടോ എന്തോ വിഷമത്തിന് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും കാരണമില്ലെങ്കിൽ ലോകത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ആളുകളുടെ സമ്പ്രദായം എന്തെങ്കിലും വേണം എന്ത് കിട്ടും ചെയ്താൽ ഭാഗവതത്തിന് പോണം എന്ത് കിട്ടും എന്തിനാ പോണേ സപ്താഹത്തിനും ഇപ്പോഴെയോ ശതാഭിഷയം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്നാണ് എന്തിനാ ഒന്നും ഇല്ല അനപേക്ഷാ അപേക്ഷയേയില്ല ഒന്നിനെയും ആശ്രയിക്കണില്ല എന്നർത്ഥം മറ്റൊരർത്ഥം ആശ്രയിക്കണില്ല എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഭഗവാനെ ചെയ്തോളൂ എന്നാണ് അതാണ് ധീരത ഭക്തന്റെ ഭഗവാനോട് പറയാൻ നീ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എന്നെ ചെയ്തോടുക എണ്ണം യതുവോ അതിശായി അനപേക്ഷ നിരപേക്ഷ ദേഹത്തിനോട് ദേഹത്തിനെപ്പറ്റി ദേഹത്തിനെ പോലും ആശ്രയിക്കണില്ല ഇതിപ്പോ ആരോഗ്യമായിട്ടിരിക്കണോ നാളെ എങ്ങനെ ഉണ്ടാവുന്ന ആരും ഉണ്ടോ അറിയില്ല അതിനെപ്പോലും ആരോഗ്യമായിരിക്കണോ ശരി നല്ലത് പക്ഷെ ആരോഗ്യത്തിനെ ആശ്രയിക്കാൻ കൊള്ളില്ല പണമുണ്ടോ ശരി നല്ലത് ഉപയോഗിക്കാം പക്ഷെ ആശ്രയിക്കാൻ കൊള്ളില്ല ആരോഗ്യമുണ്ടോ നല്ലത് ഉപയോഗിക്കാം ആശ്രയിക്കാൻ കൊള്ളില്ല മനസ്സ് ഇപ്പൊ നല്ലവണ്ണ ഇരിക്കണോ നല്ലത് ആശ്രയിക്കാൻ കൂടില്ല കുറച്ച് കഴിഞ്ഞ് ചലിക്കും രാത്രി ഉറക്കം വന്നോ നല്ലത് ഉറക്കം വന്നിട്ടില്ലെങ്കിൽ എന്ത് ഉറക്കത്തിനെ ആശ്രയിക്കാൻ പാടില്ല അതുപോലും ആശ്രയിക്കാൻ പാടില്ല പല ആളുകൾക്കും വിഷമം എന്താന്ന് വെച്ചാൽ ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷം ഉറക്കം വന്നിട്ടില്ലെങ്കിൽ എന്താ എഴുന്നിട്ടിരിക്കാം നാമം ജപിക്കുക നല്ലത് എന്തിനാപ്പൊ ഉറക്കം വരണ ആശ്രയിക്കേണ്ട ഉറക്കം വന്നു ശരി ഉറങ്ങ അങ്ങനെ ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കൂ അനപേക്ഷത ഒന്ന് ശ്രമിച്ചു നോക്കൂ ആരോഗ്യമായിട്ട് വരുമ്പോൾ നല്ലത് അനാരോഗ്യം നിവൃത്തിയില്ലാതെ വന്നുപോയുവെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് പോട്ടെ എത്ര കാലം ആരോഗ്യമായിട്ടിരുന്നില്ല ഇപ്പൊ ഇതും ഒന്ന് അനുഭവിക്കാം ഇതും എല്ലാം ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഇതും ഇരുന്നിട്ട് പോട്ടെ ഭവ്യം ഭവത്തു ഉറക്കം വന്നില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് എഴുന്നേറ്റു എന്ത് ചെയ്തിട്ട് ഉറക്കം വരുന്നില്ല തിരിഞ്ഞു വളഞ്ഞു ഒക്കെ ചെയ്തു അതിനുവേണ്ടിയിട്ട് ഗുളിക ഒന്നും എഴുന്നേണ്ട എഴുന്നേറ്റിരിക്കുക നാമം ജപിക്കുക ചിലർക്ക് നാമം ജപിച്ച ഉറക്കം വരും അങ്ങനെയുണ്ട് ചിലർ പറയും ഈ സത്യം ഈ ഭാഗവതം കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കമേ വരണില്ല എന്ന് പറഞ്ഞു കേട്ട അപ്പൊ ഉറക്കം വരുന്ന അർത്ഥം അങ്ങനെയാവട്ടെ അതിനെയും ആശ്രയിക്കണ്ട ഒന്നും ആശ്രയിക്കണ്ട ഏത് നിത്യമല്ലയോ അതിനെ ആശ്രയിക്കാൻ പാടില്ല അപ്പൊ നിത്യവസ്തുവിനെ ആശ്രയിക്കേണ്ട എന്ന് വെച്ചാൽ ആശ്രയിക്കേണ്ട നിത്യവസ്തുവിനെ ആശ്രയിക്കേണ്ട അനിത്യവസ്തുക്കളെ ആശ്രയിക്കുന്നത് വിട്ടാൽ നിത്യവസ്തു താനേ പ്രകാശിക്കും ആശ്രയം അവിടെ ഉണ്ട് ആശ്രയം അതിന്റെ സ്വരൂപമാണ് ആശ്രയിക്കേണ്ട ആവശ്യം പോലുമില്ല അത് പ്രകാശിക്കും അനിത്യത്തിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നിത്യവസ്തു പ്രകാശിക്കാത്തത് നമ്മള് കള്ളമായ സാധനങ്ങളെയൊക്കെ ആശ്രയിക്കുകയാണേ ആളവര് നോക്കിക്കൊള്ളും മക്കളും നോക്കും പേരക്കുട്ടികളും നോക്കും ലോകത്തിലൊന്നും നോക്കാ നോക്കും നോക്കും എന്ന് പറഞ്ഞാൽ ആരെയോ പിടിച്ചുകൊണ്ടിരിക്കുന്നു അവരൊക്കെ പോയിട്ട് ഇവർ തനിയും നിൽക്കുകയാണ് പിന്നെ എത്ര കേസുകൾ അങ്ങനെ അറിയോ അവര് നോക്കും ഇവര് നോക്കും വിചാരിക്കുകയാണ് ആരോ ഒരാൾ നോക്കും എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കൂടെ പോയിരുന്നു അവസാനം എന്താ അവർക്ക് സീരിയസ് ആയിട്ട് രോഗമായി ഇദ്ദേഹം അവരെ വയസ്സുകാലത്ത് നോക്കുകയാണ് വിഷമിച്ച് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ആശ്രയിക്കാൻ ഒരു സാധനമല്ല അമേരിക്കയിലെ എല്ലാരും വളരെ ഗംഭീരമായിട്ട് ഇരുന്നവരാണ് ഷെയർ മാർക്കറ്റിലുണ്ട് ബാങ്കിലുണ്ട് എന്നൊക്കെ ഒരു ദിവസം സുപ്രഭാതത്തിലൊന്നുമില്ല റിസഷനിൽ എത്ര ആളുകളറിയോ അങ്ങനെ വിഷമിച്ചു നിൽക്കണവര് വെറുതെ കാണിച്ചു തരിക പ്രകൃതി നമ്മൾ കാണണില്ലേ അത്രയുള്ളൂ ആശ്രയിക്കാൻ പറ്റും ആശ്രയിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിക്കുകയാണ് എപ്പോ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും മാറാം ആശ്രയിക്കാൻ കൊള്ളണതൊന്നുമില്ല അവിടെ ആശ്രയിക്കാൻ കൊള്ളണതും നമ്മളുടെ സാമർത്ഥ്യത്തിനെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും വിഡിത്തം ധാരാളം ഭൂമി വാങ്ങിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പേടിക്കാനേ ഇല്ല എന്നാണ് ഒന്ന് ആലോചിച്ചുള്ളൂ ഞാൻ അങ്ങനെ വരണമെന്നല്ല അവരണം പേടിപ്പെടുത്തല്ല നാളെ ഗവൺമെന്റ് ഒരു തീരുമാനം തീരുമാനിച്ചാൽ മതി ആൾക്ക് അഞ്ച് സെന്റ് വെക്കാൻ പാടുള്ളൂ ബാക്കിയൊക്കെ ഗവൺമെന്റ് എടുക്കുകയാണെന്ന് ഒരു തീരുമാനം തീരുമാനിച്ച മുക്കോവിയുടെ തന്നെ എത്ര നേരം വേണം നമ്മളുടെ സാമൃത്ഥ്യമൊക്കെ പോകാൻ എന്ത് തീരുമാനം വേണമെങ്കിലും വരാം എന്ത് വേണമെങ്കിലും വരാം ഒക്കെ വാങ്ങിയിട്ടിട്ട് മാറാത്ത ഒരു രോഗം വന്നാൽ മതി ഈ ഭൂമി വന്നിട്ട് ക്യാൻസർ മാറ്റുമോ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് എന്ത് പണം വേണമെങ്കിലും ഡോക്ടറെ തരാം മാറ്റി തന്നാൽ മതി ഡോക്ടർ പറയാ എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റും സാമർത്ഥ്യം കൊണ്ട് ഒരു വിധത്തിൽ രക്ഷപ്പെടാൻ വിധ പറ്റാത്ത സ്ഥലത്ത് പിടിക്കാൻ പ്രകൃതിക്ക് അറിയാം ഭഗവാൻ അറിയാം നമ്മളുടെ അഹങ്കാരത്തിന് എവിടെ കുത്തിയാലാണ് അതിന്റെ ഗ്യാസ് പോവുക എന്നുള്ളത് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാം അവിടെയേ അടിക്കുകയുള്ളൂ അപ്പൊ പിന്നെ എന്ത് വിലയാവുള്ളത് ഈ അഹന്തയ്ക്ക് എന്ത് വിലയാളുള്ളത് നമ്മളുടെ സാമർത്ഥ്യത്തിന് എന്ത് വിലയാളുള്ളത് അപ്പൊ എന്താ ഇതിനൊക്കെ ആശ്രയിക്കുന്നത് വിടുക എന്ന് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഈ ചിന്തയെ തള്ളിക്കളയാൻ ഉപയോഗിക്കാം ചിന്തയെ സ്വീകരിക്കാൻ പറ്റില്ല ചിന്ത കൊണ്ട് ഇതില്ല ഇതില്ല ഇതില്ല ഇതില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഇതാണെന്ന് ചിന്ത കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല ചിന്ത ചൂലുപോലെയാണ് അടിച്ചു തളിക്കാനേ കൈക്കോട്ട് പോലെ എടുക്കാൻ പറ്റില്ല ചിന്ത കൊണ്ട് ഇതില്ല ഇല്ല ഇല്ല എന്ന് തള്ളിക്കളഞ്ഞാൽ എന്തുണ്ടോ അത് ദാനപ്രകാശിക്കും അതിനെ ചിന്തയ്ക്ക് തൊടാൻ പറ്റില്ല അതിന് ചിന്തയ്ക്ക് ഇതാണ് എന്ന് കാണിക്കാൻ പറ്റില്ല ചിന്തയ്ക്ക് ഇല്ലാത്തതിനെ തള്ളിക്കളയാനുള്ള ചൂലാണ് ചിന്ത ഇതൊന്നും പറ്റില്ല ആശ്രയിക്കാൻ കൊള്ളില്ല ആശ്രയിക്കാൻ കൊള്ളില്ല ഇല്ല ഇല്ല എന്നറിഞ്ഞാൽ ഉള്ളതെന്തോ അത് താനേ വിളങ്ങും താനേ പ്രകാശം അപ്പൊ അനപേക്ഷ ഭക്തൻ നിരപേക്ഷനാണ് ഒന്നും ഭഗവാനാണ് കുചേലനെ നോക്കൂ ഭഗവാനെടുത്തുപോയി വലതും ചോദിച്ചു ഗംഭീരമായിട്ട് പോയി ഭഗവാനാണ് ചെറുതായി പോയത് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല ചോദിച്ചാലല്ലേ അത്തരത്തിലുള്ള ഭക്തന്മാരാണ് അനപേക്ഷ ശുചിഹി ബാഹ്യമായും ആന്തരികമായും ശുചിയുള്ളവൻ ബാഹ്യമായി എത്ര കണ്ടു പറ്റുമോ അത്ര കണ്ട് ശുചിത്വം ശൗചപ്രതിഷ്ഠായാം സ്വാഗജുഗുപ്സാ പരയിരസംസർഗ എന്നാണ് പതഞ്ജലി കുറേയൊക്കെ ശൗചം വേണം പക്ഷെ അത് തന്നെ അഭിമാന അഹങ്കാരമായി മാറാതെയും നോക്കണം കഴിയുന്നതും മറ്റുള്ളവരെ തൊട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് ശൗചത്തിന്റെ ഒരു ഭാഗമാണ് അത് വളരെ നല്ല ഒരു ആചാരാണ് പക്ഷെ അത് പറഞ്ഞിട്ട് ഒരുപാട് കാണിക്കാൻ പാടില്ല തൊട്ടൂടായ്മ നല്ലതാണ് അവനവന്റെ ശരീരത്തിനെ തന്നെ തൊടാൻ പാടില്ല അവനവന്റെ മനസ്സിനെ തന്നെ തൊടാൻ പാടില്ല അവനവന്റെ അഹങ്കാരത്തിനെ തന്നെ തൊടാൻ നിന്നാൽ അതിശുദ്ധം സ്നാനം മനോമലത്യാഗ ഭരതൻ ഭാരതത്തിലെ ധർമ്മപുത്ര പറയണ ഏറ്റവും നല്ല സ്നാനം എന്താണെന്ന് വെച്ചാൽ മനസ്സിൽ ഈ മലമൊക്കെ അങ്ങോട്ട് കഴുകിക്കളയ അത് ഉത്തമ ശൗചം അന്തശൗചം അപ്പോ ബാഹ്യശൗചവും ഭക്തന് വേണം ശുചിയായിട്ടുള്ള ഭക്ഷണം ശുചിയായിട്ടുള്ള വിഹാരങ്ങള് വ്യവഹാരങ്ങൾ ഇതൊക്കെ ഭക്തിമാർഗത്തിന് അനുകൂലമാണ് അപ്പോ അതേപോലെ ആന്തരികമായ ശുചിത്വം രണ്ടില്ലായ്മയാണ് ഏറ്റവും നല്ല ശുദ്ധി രണ്ടാമതൊന്നുണ്ടെങ്കിൽ ആ ശുദ്ധമാവും രണ്ടില്ലാ അനപേക്ഷ ശുചിഹി ദാക്ഷ ദാക്ഷ്യം വെച്ചാൽ കൗശലത പെട്ടുപോവാതെ അവനവന്റെ സ്വധർമ്മം ചെയ്യലാണ് ദാക്ഷ്യം അവനവന്റെ സ്വധർമ്മം ചെയ്യുന്നുണ്ട് നിസ്സംഗമായിട്ട് ചെയ്യുന്നുണ്ട് നിഷ്കാമ്യമായിട്ട് ചെയ്യുന്നുണ്ട് അതിലഭിമാനമോ അതില് വേണ്ടാത്ത ദോഷങ്ങൾ കുറേ ഉണ്ട് ഏത് കർമ്മത്തിലും വന്നു കൂടും സർവാരംഭാഹി ദോഷേനും ധൂമിയേന അഗ്നിരിവാവ്രത ഭഗവാൻ തന്നെ പറയണം എന്ത് കർമ്മത്തിലും അതിൻ്റെ കുറെ ദോഷങ്ങൾ വരാതിരിക്കില്ല ഏത് കർമ്മത്തിലും നല്ല കർമ്മം കർമ്മം എന്ന ലോകത്തിലില്ല ഏത് കർമ്മത്തിലും അതിന്റെ കുറേ ദോഷങ്ങൾ അതിന്റെ കൂടെ പോരും ആ ദോഷങ്ങളെ കൊണ്ട് സ്പർശിക്കപ്പെടാതെ ഇരിക്കുന്നതിലാണ് സാമർത്ഥ്യം അതേസമയം സ്വധർമ്മം ചെയ്യാതിരിക്കാനും പറ്റില്ല പരധർമ്മം ചെയ്യാനും പാടില്ല ഇതൊക്കെയാണ് സാമർത്ഥ്യം കർമ്മരഹസ്യം അവനവന്റെ കർമ്മം ചെയ്യണം നിസ്സംഗമായിട്ട് ചെയ്യണം നിഷ്കാമ്യമായിട്ട് ചെയ്യണം ആ കർമ്മത്തിന് കുറെ ദൂഷ്യം വരും ആ ദൂഷ്യം കൊണ്ട് സ്പർശിക്കപ്പെടാതിരിക്കണം പരധർമ്മത്തിൽ പെട്ടുപോകരുത് അതൊക്കെ ഭക്തന് ഭഗവാൻ ചെയ്തു കൊടുക്കുമെന്നാണ് ആനുകൂല്യം അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ അപ്പൊ കാണാം എപ്പോ എപ്പോ ഇവന്റെ ബാലൻസ് പോണോ അപ്പപ്പോ ഭഗവാന്റെ യോഗക്ഷേമ ശക്തിയും പ്രവർത്തിക്കില്ല കറണ്ട് പോയാൽ ലൈറ്റ് പോണ പോലെ ഭക്തന് അത് നല്ലവണ്ണം കാണാം എപ്പൊ ഇവന്റെ ബാലൻസ് പോണു അപ്പൊ ഭഗവാന്റെ യോഗക്ഷേമ ശക്തിയും റീസീഡാവും എപ്പോ ഇവൻ ബാലൻസിൽ നിൽക്കണമോ അപ്പപ്പോ ഭഗവാന്റെ യോഗക്ഷേമ ശക്തിയും ഇവനെ നോക്കിക്കൊള്ളും വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തോളും ഒക്കെ ഉള്ളിൽ നിന്ന് ഇയാൾ ഡ്രെയിൻഡ് ഔട്ടായാൽ വെളിയിലൊക്കെ മറന്നു മറഞ്ഞു പോകും അപ്പോ ശുചിഹി ദക്ഷ ദാക്ഷ്യമെന്താ കർമ്മകുശലത്തെയാണ് കർമ്മത്തിൽ സംഘമില്ലാതിരിക്കലാണ് ദാക്ഷ്യം അവനവിടെ കർമ്മം ചെയ്യുകയും വേണം അതിലുള്ള ദൂഷ്യം കൊണ്ട് ബാധിക്കപ്പെടാതിരിക്കാണ് ദാക്ഷ്യം ശുചിർ ദക്ഷിമോ ഇനിയിപ്പോ ആ ദൂഷ്യം വരുമ്പോഴോ ഉദാസീന നല്ലത് വരുമ്പോഴും ഉദാസീനം ദൂഷ്യം വരുമ്പോഴും ഉദാസീന ഇനി ചില വിഷമങ്ങളൊക്കെ വരും ശരീരമെടുത്ത് നമ്മൾ ലോകത്തിൽ വന്നാൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല എത്ര വലിയ ആൾക്കും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ജീവിച്ച് കാണിച്ചു തന്നാണ് അദ്ദേഹത്തിന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ തന്നെ പറഞ്ഞേക്കാതായി ഋഷികളെയൊക്കെ കളിയാക്കി ഒക്കെ തമ്മിൽ തമ്മിൽ തല്ലി മഹാഭാരതത്തിലെ കാണാം നമുക്ക് ഭാഗവതത്തെ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട് ഒക്കെ കൂടെ പ്രഭാസ തീർത്ഥത്തിൽ പോയി ഏരക പുല്ലുകൊണ്ട് വെട്ടി അല്ലെ ഭഗവാൻ എന്ത് ചെയ്തു ഉദാസീന എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലേ ഭഗവാൻ അങ്ങനെ കാണിച്ചു തരികയാണ് നമുക്ക് ഉദാസീനനായിട്ടിരിക്കുമെന്ന് ഉദാസീനോ ലോകത്തില് നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം ഒന്നും പെർഫെക്റ്റ് ആവില്ല നമ്മളുടെ ഒക്കെ നന്നായിരിക്കണം നമ്മളുടെ ഒക്കെ ആദർശമായിട്ടിരിക്കണം ഐഡിയലായിട്ടിരിക്കണം എന്നൊക്കെ പറയാം അങ്ങനെ ഒരു ആദർശം എന്നൊരു സാധനമില്ല നമ്മള് ആദർശവാദികളായാൽ ആദർശം എന്നുള്ളത് ഒരു അഹങ്കാരമാണ് ആദർശവാദികളായാൽ ഈശ്വരൻ എങ്ങനെ കളിക്കുമെന്ന് വെച്ചാൽ നമ്മൾക്ക് എവിടെ ആദർശവും അവിടെ തന്നെ കുത്തും നമുക്ക് എന്ത് അഭിമാനം നമ്മൾ അതാണ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെയാണ് തിരി വിടുക അവിടെ ആയിരിക്കും നമ്മൾ പരാജയപ്പെടുക അതുകൊണ്ട് ഭക്തന് ഒരാദർശവുമില്ല ഒരു ഐഡിയലും ഇല്ല ഇങ്ങനെ ആവണമെന്നും ഇല്ല അങ്ങനെ ആവണമെന്നില്ല എവിടെ എവിടെ എന്ത് ചെയ്യിപ്പിക്കണോ അങ്ങനെ ചെയ്യണോ എന്ത് നടത്തിപ്പിക്കണോ അങ്ങനെ നടക്കണോ എന്തൊക്കെ ഏത് വിധത്തിലായാലും വേണ്ടില്ല ഏത് രീതിയിലായാലും വേണ്ടില്ല ഉദാസീനോ ഗതവ്യഥ വ്യഥയില്ല ഒന്നിനെ കുറിച്ചും അയാൾ ഡിപ്രസ്ഡ് ആവണില്ല ടെൻഷൻ ആവണില്ല വിഷമിക്കണില്ല സോക്രട്ടീസിന്റെ ഭാര്യയെക്കുറിച്ച് പറയാം ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കും അത്രേ സോക്രട്ടീസിനെ അത് അദ്ദേഹത്തിനെ ഓരോരുത്തർ വന്ന് നമസ്കരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴും ഈ അമ്മ അകത്തുനിന്ന് നെലവിളിക്കും നിങ്ങൾ ഓരോരുത്തരാണ് അയാളെ കേടുവരുത്തുന്നത് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ആരിടത്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തലയിൽ വെള്ളം കൊണ്ടുവന്ന് ഒരു കൊടം വെള്ളം സോക്രട്ടീസ് പറഞ്ഞു എല്ലാ ദിവസവും ഇടിവെട്ടും എന്ന് മഴ പെയ്തു തോന്നുന്നു നല്ല തല തണുത്തും ഗതവ്യഥ ഒരു വേദപാഠശാലയിലൊരു വാധ്യാരി ഉണ്ടായിരുന്നു പരമഭാഗവതൻ പരമശുദ്ധൻ സാത്വികൻ കുട്ടികൾക്കൊക്കെ വാധ്യാരോട് വലിയ ബഹുമാനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒത്തിരിക്ക് തലയ്ക്ക് സുഖമില്ലാത്ത സ്ത്രീയാണ് നെല്ലുവിളിക്കും ബഹളം കൂട്ടും ഇതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല ഒരു വിധത്തിലും ടെൻഷനില്ലാതെ ശാന്തമായിട്ട് ഒരു ദിവസം ആ അമ്മ അരിവാടും എടുത്തുകൊണ്ടുവന്നു എന്തിനോ ദേഷ്യം ആരുടെടുത്തോ അരിവാടും എടുത്തുകൊണ്ടുവന്ന് ഇങ്ങനെ നിന്നു പിള്ളാരൊക്കെ പേടിച്ചിട്ട് ഓടി പേടിച്ചത് അതുപോലെ ഇങ്ങനെ ജനലുണ്ട് അതിന്റെ പുറകെ കൂടെ അദ്ദേഹം യാതോ ഒരു വശമല്ലാതെ എഴുന്നേറ്റ് നിന്നിട്ട് അരിവാളും വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീയെ നോക്കിയിട്ട് ഐ ഗിരി നന്ദിനി നന്ദിതമേ ദിനി വിശ്വവിനോദിനി നന്ദനുതേ ഗിരിവരവിന്ധ്യശിരോധി നിവാസിനി വിഷ്ണുവിലാസിനി ജിഷ്ണുനു ഭഗവതികഠകുടുംബി ഗൗരി കുടുംബി കൃത്തെ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദി രമ്യകപർദ്ദി ശൈലസുതേ എന്ന് ഭാവത്തോടെ തമാശായിട്ടല്ല ഭാവത്തോടെ ആ അമ്മ ശാന്തമായിട്ട് തിരിച്ചുപോയി യി കടന്നു തുടങ്ങി തനിക്ക് പ്രാരബ്ധം കൊണ്ട് അങ്ങനെ ഒരാൾ കിട്ടിയിരിക്കണം അതിനെ ദിവ്യമാക്കി മാറ്റണോ അല്ല തന്റെ തലയിലെഴുത്താക്കി മാറ്റണോ എന്നുള്ളത് ഭാവത്തിലുണ്ട് അതിനുള്ള ഭാവബലം അദ്ദേഹത്തിനുള്ള അതുകൊണ്ട് എന്തായി ആ അമ്മ എക്സെൻട്രിക് ആവുമ്പോഴും ഇദ്ദേഹം ശാന്തനാവും അമ്മ നിലവിളിക്കുമ്പോഴൊക്കെ ഇദ്ദേഹം ശാന്തനാവും ഒരു വ്യഥയും ഇല്ല എന്നാണ് അങ്ങനെയുള്ള ഭക്തന് ഉദാസീനോ ഗതവ്യഥ സർവാരംഭപരിത്യാഗി പുതിയതായിട്ട് യാതോ ഒരു കർമ്മകലാ പരിപാടികളും അദ്ദേഹം ആരംഭിക്കു വയ്ക്കില്ല ആരംഭിച്ചു വയ്ക്കണില്ല ഉള്ളതെന്തോ ചെയ്യും സ്വധർമ്മം എന്തോ ചെയ്യും നിസ്സംഗമായിട്ടിരിക്കും താൻ ചെയ്യേണ്ടത് എന്താണെന്ന് താനായിട്ട് ഒന്നും തുടങ്ങിവെക്കണോ എന്തെന്ത് പ്രാരബ്ധം കൊണ്ട് തുടങ്ങുകയും നടക്കുകയും ഒക്കെ ചെയ്യണോ അതൊക്കെ എന്താന്ന് വെച്ചാൽ വിരോധവും നിൽക്കണില്ല തികച്ചും നിസ്സംഗമായാൽ പോലും ചുറ്റും പലതും മുളയ്ക്കും അതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ കൊണ്ട് അല്പം പോലും ചലനമായില്ലാതെ ഇരുന്ന രമണ മഹർഷിക്ക് ചുറ്റും വലിയൊരാശ്രമവും വലിയ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു എന്തൊക്കെയോ നടന്നു കേസും കൂട്ടങ്ങളും അടക്കം ഒന്നും ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ആശ്ചര്യമായിട്ട് നോക്കി ഉദാസീനമായിട്ട് ഇരുന്നു എന്നല്ലാതെ യാതൊന്നിലും താൻ ഇടപെട്ടില്ല ഉണ്ടാതിരുന്നു പക്ഷെ ഇതൊക്കെ എന്ത് നടക്കണം എന്ന് ചോദിച്ചാൽ അതാണ് കർമ്മത്തിൻ്റെ ഇത് കർമ്മത്തിന്റെ സ്വഭാവം അതാണ് നമ്മൾ വെറുതെ ഇരുന്നതുകൊണ്ടൊന്നും നടക്കാതിരിക്കില്ല വെറുതെ ഇരുന്നാലും കോലാഹലം നടക്കും ചുറ്റും ഒരാള് പ്രവർത്തിച്ചില്ല മാത്രം അയാളുടെ ചുറ്റും ശാന്തമായിട്ടിരിക്കില്ല അയാൾ മിണ്ടാതിരുന്നാൽ പോലും അതാണ് പൂന്താനം പറഞ്ഞത് മായ കാട്ടുന്ന ജാലങ്ങൾ കാട്ടും കാണുമ്പോൾ ജായ കാട്ടുന്ന ജാലങ്ങൾ ഗോഷ്ഠികൾ എന്ന് പറഞ്ഞില്ലേ ആ ജാലം അങ്ങനെ നടക്കും എന്തൊക്കെയോ നടക്കും ഒരു കാരണമില്ലാതെ വരാതും നടക്കും എന്തിനാ നടക്കണ ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല തിരിതകൃതിയായിട്ട് നടക്കും എതിലൊക്കെ എന്താ സർവാരംഭ പരിത്യാക്കി താൻ അതിനകത്തേക്ക് ഒന്നും പ്രവേശിക്കണില്ല നടക്കുന്നതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിസ്സംഗ താൻ നിസ്സഹായനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല പലതും നടക്കും യോമദ്ഭക്ത സമേ പ്രിയ സർവാരംഭവഹരിത്യാഗി യോമദ്ഭക്ത സമേ പ്രിയ അടുത്ത ശ്ലോകം നോക്കും യോ നൃഷ്യതി നദ്വേഷ ശോചതി നാംക്ഷതീ ശുഭാശുഭപരിത്യാഗീ ഭക്തിമാൻ യസമേ പ്രിയ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് യോ നഹൃഷ്യതി ഒന്നുകൊണ്ടും പെട്ടെന്ന് ഹർഷുലനാവണില്ല നദ്വേഷി വെറുക്കണില്ല യോ നഹൃഷ്യതി നദ്വേഷി എന്തെങ്കിലും തനിക്ക് നടക്കാൻ പാടില്ലാത്തത് നടന്നാൽ ന ശോച്ചതി യോ ഇങ്ങനെയായില്ലോ ഇങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ പാടില്ലായോ ഒന്നുമില്ല എന്താ നടക്കണമെന്ന് വെച്ചാൽ നടത്തോട്ടെ ഭഗവാന്റെ ഇച്ഛ്വരന്റെ ഇച്ഛ എന്താ നടക്കണമെന്ന് വെച്ചാൽ നടക്കട്ടെ യോ നൃഷ്യതി നദ്വേഷ്ഠി ഇതൊക്കെ നമുക്ക് ലക്ഷണങ്ങൾ നോക്കാനാണേ നമ്മൾ എവിടെ നിൽക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് യോ നൃഷ്യതി നദ്വേഷി നോചതി നാംക്ഷതി എക്സ്പെക്ടേഷൻസ് ഇല്ല അങ്ങനെ വേണം ഇങ്ങനെ വേണം ഒന്നുമില്ല ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ശുഭാശുഭപരിത്യാഗി അഹന്ത പോണതോടുകൂടെ ശുഭവും പോയി അശുഭവും പോയി പുണ്യം പോയി പാപവും പോയി പുണ്യം സ്വർണച്ചങ്ങലയാണ് പാപം ഇരുമ്പ് ചങ്ങലയാണ് ും ബന്ധിക്കും നമ്മളെ ഇരുമ്പ് ചങ്ങല എത്ര ബലമുണ്ടോ അത്രയും ബലം സ്വർണ്ണത്തിനുമുണ്ട് ഇരുമ്പ് ചങ്ങല നമ്മൾ ചിലപ്പോ അയച്ചു കളയും സ്വർണ്ണ ചങ്ങല സ്വർണ്ണമല്ലേ ഇരിക്കട്ടെ എന്ന് പറയും അതും ബന്ധിക്കും വിഷമിപ്പിക്കും ശുഭത്തിനെയും അശുഭത്തിനെയും വിട്ടു ശുഭ രണ്ടും വിട്ടു എന്ന് വെച്ചാൽ രണ്ടും ഭഗവാന് അർപ്പണം ചെയ്തു എന്നർത്ഥം അയാളുടെ നിഷിദ്ധകർമ്മങ്ങളും നടക്കില്ല നടന്നാലും നാരായണാർപ്പണം വേദൈ സർവാണി കർമാണി അഫലപരതയാ വർണിതീതി ബുദ്ധി താ്യർപ്പി സമനുചരൻ ാതി നൈഷ്കീശ മാ ദുർവർജം ചെയ്തവാപ്തം തദപി പരതരേ അർപ്പയേ ചിത് പ്രകാശേ ഇനി എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും അങ്ങോട്ട് അർപ്പിച്ചു എന്നാണ് ശുഭമും അശുഭവും ഒക്കെ അവിടെ ഭഗവാന് അർപ്പണം ചെയ്തു ശുഭാശുഭ പരിത്യാഗി നല്ലത് ഒന്നും മാത്രമായിട്ടല്ല അശുഭം മാത്രം തള്ളിക്കളയാൻ പറ്റില്ല ജീവിതത്തിൽ ദുഃഖമാുഃഖമുണ്ടാവാൻ പറ്റില്ല സുഖം മാത്രം അങ്ങനെയൊന്നും ഉണ്ടാവില്ല शुभाशुभ प्याग यो मि आक् वर्त श्लोक सौ च मिच तथापन शीतष्णसुखदुख समसंग विवर्जि സമഹ ശത്രു മിത്രേച്ച് അദ്ദേഹത്തിന് ആരെങ്കിലുമൊക്കെ ശത്രുവോ മിത്രമോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാവത്ത് നിന്ന് ആരും ശത്രുവുമില്ലയോ മിത്രവുമില്ല പക്ഷേ ചിലർ അദ്ദേഹത്തിനെ ശത്രുവായിട്ട് കണക്കാക്കാം ചിലർ അദ്ദേഹത്തിനെ മിത്രമായിട്ട് കണക്കാക്കാം സമശത്രു മിത്രേച്ച് തഥാ മാന അപമാനയോഹോ ബഹുമാനിച്ചാലും ശരി അപമാനിച്ചാലും ശരി രണ്ടു ഒരേപോലെ ശരീരത്തിനാണ് എനിക്കല്ല ശരീരത്തിനെ മാലയിട്ട് പൂജിക്കലും ശരീരത്തിനെ തല്ലുകൊക്കെ ചെയ്യുമൊക്കെ ഒരേപോലെയാണെന്ന് തഥാ മാന അപമാനയോ ദേഹത്തിനെ ഞാനല്ലെന്ന് ധരിച്ചവന് ദേഹത്തിന് ഏർപ്പെടുന്നതിനോട് സംബന്ധമില്ല ഇതൊക്കെ പേ ഭക്തന്റെ ലക്ഷണം പറയണത് എന്തിനാന്ന് വെച്ചാൽ കുറച്ചു കുറച്ചായിട്ട് നമുക്ക് ആ അനുഭവങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോ അല്പല്പമായിട്ട് അതിനെ ഓർമ്മിച്ച് പരിശീലിക്കാനാണ് സിദ്ധന്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് സാധനയാണ് പതുക്കെ പതുക്കെ നമ്മൾ ആ സ്ഥിതിയിൽ നിന്ന് പരിശീലിക്കുകയാണ് സമശത്രു ഊചിത്രേച്ച് ശത്രു അവിടെ ഉണ്ടാവണം മിത്രം എവിടെ ഉണ്ടാവണം രണ്ടിന്റെയും ഇമ്പാക്ട് ഉള്ളിലില്ല ഇയാളെ കാണുമ്പോ ഇഷ്ടം അയാളെ കാണുമ്പോ വെറുപ്പില്ല തഥാമാനാപമാനവും മാനവുമില്ല അപമാനവുമില്ല ശീതോഷ്ട സുഖദുഃഖേഷു തണുപ്പ് ചൂട് സുഖം ദുഃഖം തണുപ്പും ചൂടും നമ്മളുടെ കയ്യിലില്ലല്ലോ പ്രകൃതിയിൽ തണുപ്പ് വരണോ ചൂട് വരണോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും സഹിച്ചോളണം അല്ലെ സുഖദുഃഖേഷു അതേപോലെ തന്നെയാണ് സുഖദുഃഖങ്ങളും സീസൺ പോലെ പ്രാരബ്ധത്തിനനുസരിച്ച് അപ്പോ വരും സുഖമായിട്ടിരിക്കണമെന്ന് കണക്കാക്കേണ്ട എപ്പോ വേണമെങ്കിലും ദുഃഖം വരാം സുഖം വരുമ്പോ ആളുകൾ തുള്ളിച്ചാടിയിൽ ഇതാണ് ജീവിതം എന്ന് പറയണത് പറയൂ കുറച്ചു കഴിഞ്ഞാലാണ് ഇരിക്കുന്നതിന്റെ ചുവട്ടിൽ കഥന വടിക്കുക അപ്പോഴാണോ അയ്യോ ഇതിനെയാണോ ജീവനുമേ കൊച്ച് സാർ ഹെ പാട്ടുപാടി ഒരാൾക്ക് വൈരാഗ്യം വന്നപ്പോൾ ജീവനുമേ കൊച്ച് സാർ നഹിഹെ ജീനേക്കാധികാർ ജീവിക്കാനേ അധികാരമില്ല അത്ര ആളുകൾക്ക് ദുഃഖം വന്നപ്പോ പാടിയതാണ് സുഖം വരുമ്പോ ഇതാണ് സുഖം ലൈഫ് ഈസ് ഫോർ എൻജോയ്മെന്റ് വെറുതെ ഭഗവത്ഗീതകൾ കമ്പണോ ഭാഗവതങ്ങൾ എന്ത് സുഖം നോക്കൂ എന്തൊക്കെ കാണിക്കണു സീരിയല് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ചെയ്യാം ജീവിതത്തില് ദുഃഖം വിട്ടിട്ട് അവിടെ ആരോ ഭാഗവതം പറയണോ ആമസങ്കീർത്തനം ഇടിച്ച പൊളി പോലെ അവിടെ പോയിരിക്കണം കുറെ കഴിഞ്ഞാൽ വിഷമം വരുമ്പോഴാണ് അപ്പം അപ്പോ ശീത ഉഷ്ണ സുഖ ദുഃഖേഷു ശീത ഉഷ്ണമൊക്കെ ഒത്തിരി സാമർത്ഥ്യം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യും അല്ലെ എ സി വയ്ക്കുകയോ അല്ലെങ്കിൽ ഹീറ്റർ വയ്ക്കുകയോ ഒക്കെ ചെയ്യും നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽ അല്പ അല്പം ഉള്ളത്ര എന്തെങ്കിലും ചെയ്യും ധനമൊക്കെ ഉള്ള ആളുകൾ ഇല്ലാത്തവരെ സഹിച്ചോ അതൊക്കെ എങ്ങനെ സഹിക്കാതെ നിവൃത്തിയല്ലയോ അതേപോലെ സുഖ സുഖവും ദുഃഖവും അതുപോലെ തന്നെ തന്റെ കയ്യിലില്ലാത്തതാണെന്ന് അറിഞ്ഞുകൊള്ളാന്ന് ഇതിരിത്തിരി പരിഹാരം എത്ര കണ്ടുണ്ടോ അതിനനുസരിച്ച് ചെയ്തോളൂ പക്ഷെ അതിൽ കൂടുതൽ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഹർഷാമർഷത്തിനെ വിട്ടുകൊള്ളുക എന്നാണ് സുഖം വരുമ്പോ തുള്ളിച്ചാടൊന്നും വേണ്ട ുഃഖം വരുമ്പോ കരയും വേണ്ട സുഖം തന്നെ ദുഃഖമാണ് ദുഃഖം തന്നെ പിന്നീട് സുഖമായിട്ട് ചിലപ്പോ തീരും അല്ലെ സിനിമയൊക്കെ കഴിയുമ്പേ ഈ പഴയ തമിഴ് സിനിമ എല്ലാം കഴിയുമ്പോ കല്യാണത്തോടെയാണ് കഴിയുക അത് കഴിഞ്ഞ മംഗളം അത് കാണിക്കാൻ കൊള്ളില്ല എന്നാണ് അർത്ഥം അത് ശുഭമായിട്ടാണ് അവർ കണക്കാക്കണത് അത് പിന്നെ എന്തൊക്കെ ഉണ്ടാവും കണ്ടു സകലം ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ പിന്നീട് വരും അപ്പൊ അത് സുഖമാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്നാൽ ദുഃഖമാണെന്ന് പറയാൻ പറ്റോ ഇല്ല ലോകാനുഭവങ്ങളൊക്കെ ഒന്നും പൂർണ്ണമായ സുഖമെന്നോ പൂർണ്ണമെന്ന് ദുഃഖമെന്നോ സ്റ്റിക്കർ ഒട്ടിക്കാൻ പറ്റില്ല സുഖവും ഉണ്ടാവും ദുഃഖമുണ്ടാവും അതുകൊണ്ട് സംഘം വിടുന്നവനാണ് സമർത്ഥനാണ് സംഘം വിട്ടിട്ട് സമസംഘ വിവർജിത സംഘം വിടുക വെച്ചാൽ ആത്മജ്ഞാനം കൊണ്ട് വേണം സംഘം വിടാൻ സുഷുപ്തിയിൽ ദിവസവും നമുക്ക് സുഖമുണ്ടോ ദുഃഖമുണ്ടോ ഒന്നുമില്ല ആനന്ദമാണുള്ളത് സുഷുപ്തി അവസ്ഥയിൽ നമ്മളതിന് സുഖമെന്ന് പറയേണ്ടത് പക്ഷെ ലൗകിക സുഖം പോലെ എന്തെങ്കിലും കിട്ടിയിട്ടുള്ള സുഖമല്ലാതെ എല്ലാവർക്കും അനുഭവമുള്ളതാണ് ഈ സുഷുപ്തി ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ് മനസ്സ് ലയിച്ചു കിടക്കണ ഉറക്കത്തിൽ ഏർപ്പെടുന്ന സുഖം അത് എന്തെങ്കിലും കിട്ടിയിട്ട് സുഖമല്ല സുഖമല്ലാതുകൊണ്ട് അവിടെ സുഖമോ ദുഃഖമോ ഇല്ല ഏറ്റവും സുഖമുള്ള ദിവസത്തിലോ ഏറ്റവും ദുഃഖമുള്ള ദിവസത്തിലും അതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപോലെയാണ് എന്താ സ്റ്റേറ്റ് എന്താ അവസ്ഥ ഒന്ന് മനനം ചെയ്ത് നോക്കണം ഏറ്റവും സുഖം കിട്ടിയ ദിവസം ഏറ്റവും ദുഃഖം ദിവസം രണ്ടു ദിവസങ്ങളിലും രാത്രി പത്ത് മണിക്ക് കട ഉറങ്ങാൻ കിടക്കുന്ന ആളാണെങ്കിൽ പത്തര മണി കഴിഞ്ഞു ഈ സുഖവും പോയി ദുഃഖവും പോയി പിന്നെ അവിടെ എന്തുണ്ട് എന്തോന്നുണ്ട് ആ എന്തോന്നുള്ളതിൽ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ട് അത് സുഖത്തിലില്ല സുഖത്തില് സുഖം കിട്ടിക്കഴിഞ്ഞാൽ അതൊരു തരം രോഗമാണ് ഇനി നാളെയും കിട്ടണം എന്ന് മാത്രമല്ല കിട്ടിയത് ഇത്തിരി കൂടി ആവാമായിരുന്നു തോന്നും സുഖം നമ്മൾ എപ്പോ വിടുകറിയോ സുഖം അതിന്റെ ബൗണ്ടറി കടന്നിട്ട് ദുഃഖമാവുമ്പോഴേ ആ മതി എന്ന് പറയുള്ളൂ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സുഖം അതിന്റെ ബൗണ്ടറി കടന്നിട്ട് ദുഃഖമായി തുടങ്ങുമ്പോഴാണ് ആ ഇനി മതി അപ്പൊ സുഖം തന്നെ അതിര് കടന്നാൽ ദുഃഖമാവുകയാണ് അപ്പൊ ഈ സുഖദുഃഖങ്ങള് ദ്വന്ദ്വം എന്നാണ് പറയുന്നത് ഡുവലിറ്റി ഡുവലിസ്റ്റിക് പ്രോസസ് ഡുവൽ ത്രോങ് സുഷുപ്തിയിൽ പോകുമ്പോ രണ്ടും പോയി സുഖത്തില് ഫുൾഫിൽമെന്റ് ഇല്ല സുഖം കിട്ടും തോറും പൂർണ്ണതയില്ല ഇനിയും വേണം ഇനിയും വേണം ഇനിയും വേണം പിച്ചക്കാരാവ് വേണം നമ്മൾ കയ്യിൽ ഭിക്ഷാപാത്രം ഇല്ലെങ്കിലും ഉള്ളിൽ ഭിക്ഷാപാത്രമാണ് അല്ലെ ഭിക്ഷാപാത്രം ഉള്ളിലുണ്ട് ദേഹി ദേഹി ദേഹി ദേഹിയാണ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മതി നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ പ്രസാദം കൊടുക്കുമ്പോ ആളുകൾ തല്ലടി കൂടുന്നത് കാണണം കൂണ് കഴിക്കാൻ അവിടെയൊക്കെ പോലും നമ്മളുടെ സമനിലയൊക്കെ പോയി തപോവനസ്വാമികൾ പറയേണ്ട ഹിമാലയത്തിലെ സന്യാസികള് തപോവന ചരിത്രത്തില് അദ്ദേഹം പറയണു ഹിമാലയത്തിലെ സന്യാസികള് ഋഷികേശിലൊക്കെ ഭണ്ഡാര നടക്കുമ്പോ അല്ലെങ്കിൽ ഈ എന്താണ് കുംഭമേള നടക്കുമ്പോ മാറുവാടികൾ ചിലരൊക്കെ കൊണ്ടുവന്ന് മധുരപലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യുമ്പോ ഈ കാഷായോട് താളുകൾ അവരെ സന്യാസികൾ എന്ന് പറയാൻ പറ്റില്ല അവരൊക്കെ പോലും ഈ മധുരപലഹാരങ്ങൾക്ക് വേണ്ടി തല്ലു അടിയും കൂട്ടുന്നത് കാണുമ്പോ തപോവന സ്വാമി പറയണു ഓ ദേവന്മാര് പോലും അസൂയപ്പെടേണ്ടതായി ഈ തുരിയാശ്രമം ലഡ്ഡു തിന്നാനാണ് എന്നുള്ളത് എനിക്കിവിടെ വന്നിട്ടാ മനസ്സിലായ തന്നെ ചിന്മൻ സ്വാമി പറയണ ഒരിടത്ത് അദ്ദേഹം തപോവനസ്വാമിയുടെ അടുത്ത് വേദാന്തം പഠിക്കുമ്പോ ഉപനിഷത്തൊക്കെ പഠിക്കുമ്പോ ഒരു സംഭവം നടന്നു അത്രേ ഒരു മാറുവാടി ഒരു വട്ടി നിറയെ ലഡു കൊണ്ടുവന്നു കൊടുത്തു അപ്പോ ഇവർക്ക് അവിടെ ഒന്നും കിട്ടാത്ത സ്ഥാന സ്ഥലമാണ് കാര്യമായിട്ടൊന്നും തിന്നാൻ കിട്ടില്ല ഭിക്ഷാനം തന്നെ റൊട്ടിയും ദുഃഖം എപ്പോഴെങ്കിലും കിട്ടും അതാണ് കിട്ടുന്നത് അപ്പോ ഈ ലഡു വട്ടിയിൽ കൊണ്ടുവന്നപ്പോ ഇവര് വിചാരിച്ചു നമുക്ക് കുശാലായി ഒന്നും കിട്ടാത്ത സ്ഥലത്ത് ഇത് കിട്ടിയല്ലോ അപ്പൊ തപോനം സ്വാമി ആ ലഡു കട്ടിലെ അടിയിൽ വെക്കാൻ പറഞ്ഞു അത്ര അദ്ദേഹത്തിന്റെ മുറിയുടെ ഉള്ളില് ഭിക്ഷ സമയത്ത് കിട്ടുന്നു വിചാരിച്ചു വന്നില്ല ലഡു അടുത്ത ദിവസം കിട്ടുമെന്ന് വിചാരിച്ചു വന്നില്ല മൂന്നാമത്തെ ദിവസമായപ്പോ ഈ നാലഞ്ചു പേരേ ഉള്ളൂ ഇവർക്ക് ഉപനിഷത്തും ഉള്ളിൽ പോണില്ല ബ്രഹ്മവിചാരവും ഉള്ളിൽ പോണില്ല നോക്കണം ചെറിയൊരു സാധനം മതി നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യണം ഒന്നും പോണില്ല ഇവരൊക്കെ പറഞ്ഞു എന്താ ലഡു വരാത്ത ലഡു വരാത്ത ലഡ്ഡു വരാത്ത എന്ന് പറഞ്ഞിട്ട് അവര് പറയാൻ തുടങ്ങിയത്രേ നമുക്ക് തരണില്ല ലഡു അദ്ദേഹം ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നിയെ തിന്നാണെന്ന് തോന്നുന്നു ഇത്ര വലിയ മഹാപുരുഷന്റെ മേലെ ഇങ്ങനെ ആരോപണം ചിലപ്പോ ചിന്മയാൻ സ്വാമി എക്സാജുറേറ്റ് ചെയ്ത് തമാശയ്ക്ക് വേണ്ടി പറയും അങ്ങനെയാണോ അറിയില്ല അദ്ദേഹം പറയണത് രണ്ടു മൂന്ന് പേര് വിട്ടുപോയി എന്നാണ് ലഡു കിട്ടിയില്ല അദ്ദേഹം എന്നിട്ട് പറയണത് ഐ വാസ് ഓൾസോ എബൗട്ട് ഗോ ഒരു ഒരു ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം പുറപ്പെടാൻ ഉപനിഷത്ത് പഠിക്കാൻ പോയതാണ് അവിടെ ലഡു കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പുറപ്പെടാൻ നിന്നപ്പോ തപോനസ്വാമി വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ വരൂ അവിടുന്ന് ആ വട്ടിയെടുക്കൂ എന്ന് പറഞ്ഞു നോക്കുമ്പോ ആ ലഡു കഥയെ പോലെ ഉണ്ടോ ആവൂ എന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചത്ര അപ്പൊ പറഞ്ഞു നേരെ കൊണ്ടുപോയിട്ട് ചോട്ടൽ ഗംഗയിൽ കൊണ്ടുപോയിട്ട് കളയുക അയ്യോ സ്വാമി അവര് നമുക്ക് തന്നതല്ലേ നമ്മൾ ചോദിച്ച് വാങ്ങിച്ചതല്ലോ ഇതാണ് നമ്മളുടെ ലോജിക്ക് അദ്ദേഹം പറഞ്ഞു അവർക്ക് തരാനുള്ള പ്രാരബ്ധുണ്ട് നമുക്ക് തിന്നാനുള്ള പ്രാരബ്ധില്ല കൊണ്ടുപോയി മനസ്സ് ചെറിയ ചെറിയ സാധനങ്ങൾ മതി അതിന് അഡിക്റ്റഡ് ആയിട്ട് ഫുൾഫിൽമെന്റ് ഉണ്ടാവില്ല അത് പൂർണ്ണമാവില്ല നമുക്ക് ആ സുഖം കിട്ടിയത് കൊണ്ട് അപ്പൊ ലഡു തിന്നത് കൊണ്ട് ഇവർക്ക് പൂർണമാവോ പക്ഷെ നമ്മളുടെ അഡിക്ഷനാണത് ആ സമയത്ത് അത് എന്തോ തിന്ന് പഴകിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മള് അത് കിട്ടിയാൽ സുഖമുണ്ട് എന്ന് ഭാവന ചെയ്യാണ് അപ്പൊ എത്രയോ ജന്മങ്ങളായി പ്രാക്ടീസ് ചെയ്ത കാര്യമായതുകൊണ്ട് അതിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമുക്കറിയാം അതിൽ സുഖമില്ല എന്ന് അതിന്ന് കഴിഞ്ഞാൽ സൂക്കട് വരും ഡയബറ്റീസ് ഉള്ളവർക്ക് കൂടും ഒക്കെ അറിയാം പിന്നെ തിന്ന് വയറ് നിറച്ചു കഴിഞ്ഞാൽ ഒന്നും എന്താ സമാധി സിദ്ധിയൊന്നും അല്ലല്ലോ വരണത് ഓർക്കം വരും വയറ് കടിക്കും ഇതൊക്കെ നോ ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒന്നും സുഖമുള്ള കാര്യമല്ല എന്നാലും ഈ സുഖത്തിന്റെ ആഫ്റ്റർ ഇഫക്ട് ദുഃഖമാണെന്ന് അറിഞ്ഞാലും പിന്നിയും ഇത്തരത്തിലുള്ള ദോഷമൊന്നും ഉറക്കത്തിലില്ല വീണ്ടും അത് പറയാണ് അവിടെ അബ്സലൂട്ട് ഫുൾഫിൽമെന്റ് ഉണ്ട് ആ അവസ്ഥയിൽ ഒന്നും എടുക്കാൻ പറ്റില്ല ഒന്നും ചേർക്കാൻ പറ്റില്ല രാജാവിനൊരു വിധത്തിലുറക്കം ഭിക്ഷുവിനൊരു വിധത്തിലുള്ള ഉറക്കമില്ല മനസ്സിൽ അയച്ചു കഴിഞ്ഞാൽ രാജാവുമില്ല ഭിക്ഷുവില്ല മനസ്സുകൊണ്ടുള്ള സുഖമല്ല എന്തെങ്കിലും കിട്ടിയിട്ടുള്ള സുഖമ എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെ ശരീരമില്ല മനസ്സില്ല നമ്മളുടെ വ്യക്തിത്വമില്ല സ്ഥാനമാനങ്ങൾ ഒക്കെ പോയി എന്നിട്ടും ആ സുഖം എവിടെ നിന്ന് വന്നു ആത്മാവിൽ സുഖമുണ്ട് എന്ന് കാണിക്കുകയാണ് അത് സുഷുപ്തിയെ പറയണത് ഉറങ്ങുന്നത് കൊണ്ട് സുഖം കിട്ടുന്നുള്ളത് കൊണ്ട് അറിയാനല്ല നേരെ മറിച്ച് സുഖം ഉള്ളിലുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ സുഖം നീ നേടിയെടുക്കേണ്ടതല്ലപ്പ ബാക്കിയുള്ളതിനെ ഒക്കെ മാറ്റി നിർത്തിയാൽ സുഖം നീ ഭിക്ഷ എടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ എന്ത് സുഖം ആ സുഖം അനാവൃതമായാൽ തുറക്കപ്പെട്ടാൽ നീ ഒന്നും പുറത്തൊന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല സുഖസ്വരൂപനാണ് നീ തത്വമേ നീ തന്നെ അസുഖമാണ് നീ തന്നെ അതാണ് നീ തന്നെ സുഖസ്വരൂപമാണ് ആനന്ദസ്വരൂപമാണ് പൂർണ്ണമാണ് ശരീരമില്ലാതെ നീ പൂർണ്ണനാണ് മനസ്സില്ലാതെ നീ പൂർണ്ണനാണ് സുഷുപ്തിയിലൊന്നുമില്ലല്ലോ ആ ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റില് ശരീരമില്ല മനസ്സില്ല അഹങ്കാരം പേഴ്സണാലിറ്റി ഇല്ല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒന്നും വേണ്ട പേഴ്സണാലിറ്റി ഇല്ല ശരീരമില്ല മനസ്സില്ല ഒന്നുമില്ലാതെ നമ്മള് നിറഞ്ഞിരിക്കുന്നു എഴുന്നേക്കുമ്പോ എന്ത് തോന്നുന്നു വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ എഴുന്നേക്കുമ്പോ പിന്നെ അങ്ങോട്ട് പോയാൽ വേണ്ടില്ലാന്ന് തോന്നുന്നു എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹരിക്കപ്പെടാനാണ് എല്ലാ ദുഃഖങ്ങളും അവിടെ പരിഹരിക്കപ്പെടാനാണ് അനുസന്ധാനം ചെയ്ത് അറിയണം അവിടെ എന്തനുഭവിക്കപ്പെട്ടു അത് നമ്മളുടെ സ്വരൂപമാണ് അത് മാത്രമേ ഇപ്പോഴും ഉള്ളൂ സുഷുപ്തിയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നില്ലയോ അതൊക്കെ ഇപ്പോഴും ഉണ്മയല്ല എന്നറിഞ്ഞാൽ മതി സുഷുപ്തിയിൽ ലയമാണ് ജാഗ്രതത്തിൽ ജ്ഞാനമാണ് ജ്ഞാനം കൊട്ട് സുഷുപ്തിയിലില്ലാതിരുന്ന ശരീരവും മനസ്സും അഹങ്കാരവും പ്രപഞ്ചത്തിലുള്ള പല സ്ഥാനമാനങ്ങളും ഒന്നും സത്യമല്ല ഇതൊക്കെ വന്നു പോണതാണ് എന്നറിഞ്ഞാൽ സുഷുപ്തി അവസ്ഥയിൽ എവിടുന്നു സുഖം ആ സുഖം ബോധപൂർവം ജാഗ്രതത്തിൽ പൊന്തിവരും ബോധപൂർവം പൊന്തി വരും ബോധത്തോടെ ഇരിക്കുമ്പോ പൊന്തി വരും നമുക്ക് അനാവൃതമാവും പ്രകാശിക്കും അപ്പോ എന്താ സന്തുഷ്ട സതതം നമുക്ക് പുറത്തൊരു കാരണമില്ലാത്ത സന്തോഷം വരും അതാണ് അടുത്ത ശ്ലോകം നോക്കും തുല്യനിന്ദാസ്തുതിർ മൗനി സന്തുഷ്ടോനചിത് അനികേത സ്ഥിരമതി ഭക്തിമാന്മേ പ്രിയോ നരഹ നിന്ദതിർ മൗനി സ്തുതിർ മൗനി നിന്ദിച്ചാലും സ്തുതിച്ചാലും അയാൾക്ക് തുല്യമാണ് തിരിച്ചൊന്നും പറയണില്ല മൗനിയാണ് സന്തുഷ്ട സന്തോഷിക്കുന്നു എന്തുകൊണ്ട് കേനചിത് കേനചിതെന്നുള്ളതിന് കിട്ടിയതുകൊണ്ട് സന്തോഷിക്കണോ അർത്ഥം ഭാരത ശ്ലോകമാണ് ഉദ്ധരിച്ചിരിക്കുന്നത് കിട്ടിയത് കൊടുക്കണോ കിട്ടിയത് എന്താന്ന് വെച്ചാൽ ഭക്ഷിക്കണോ എവിടെയും കിടന്നാൽ ഉറങ്ങുന്നു വേണ്ട അത്ര സന്തുഷ്ടനാണ് അതൊരു കാരണം മറ്റൊന്ന് എങ്ങനെ സന്തോഷിക്കണോ അറിയില്ല എന്ന് പറയണം ഭഗവാൻ പറയണം കേനചിത് സാധാരണ നമുക്ക് ലോകത്തിൽ എന്തെങ്കിലും വേണമല്ലോ ഇയാൾ എന്താ സന്തോഷമായിരിക്കാൻ കാരണം ആവോ ഒരു കാരണവുമില്ലാതെ സന്തോഷമായിട്ടിരിക്കണമെന്ന് നേരെ വിപരീതമായ പുറമേക്ക് ഭാഗവതത്തിലെ ആ അവധൂതനെ കണ്ടിട്ട് യതു മഹാരാജാവ് ഇയാൾ എങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു അടുത്ത നേരത്തെ ശാപ്പാട് എവിടെ നിന്ന് അറിയില്ല എങ്ങനെ കൊണ്ടായിരുന്നിട്ട് ആനന്ദ തുന്തിലൻ സന്തുഷ്ടോ ഏനക്കേന അനിക്കേത താമസിക്കാൻ ഒരു സ്ഥലവും ഇല്ല ദൃഢമായി ബുദ്ധി ആത്മാവിൽ ഉറച്ചിരിക്കുന്നു അങ്ങനെയുള്ള ഭക്തിമാൻ എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് ചലാചല എനിക്ക് ഏതെത്തിയത് യാദൃച്ഛു ഗോപവേത് ചലം ശരീരം അചലം ആത്മാവ് ശരീരം ചലിച്ചുകൊണ്ടേയിരിക്കണു ഉള്ളിൽ അചലമായിട്ടിരിക്കണം ആ അചലത്വം ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകാത്ത അചലത്വമാണ് അത്രയും പറഞ്ഞിട്ട് അവസാനത്തെ ശ്ലോകം നോക്കുക ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധാത്പരമാ ഭക്തസ്വേ പ്രി േർമ്മ്യമൃതം ധർമാദനവേദം ധര്യം ചത് അമൃതം ചമൃതധർമ്മ്യമൃതേ ഇതാണ് ധർമ്മം ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശ്ലോകങ്ങളെടുത്ത് കാണിച്ചാൽ മതി ഇതൊക്കെ ആരുളുണ്ടോ അവന് ധർമ്മമുണ്ട് അല്ലാതെ ബാഹ്യമായി എന്തെങ്കിലുമൊക്കെ ഗോഷ്ഠി കാണിച്ചിട്ട് ധർമ്മമാണെന്ന് പറയരുത് ഈ ലക്ഷണങ്ങളൊക്കെ ആരുടെ അടുത്തുണ്ടോ അവന് അവൻ ബാഹ്യമായി എങ്ങനെ വേണങ്ങിയിരിക്കട്ടെ ഈ ലക്ഷണങ്ങളൊക്കെയാണ് ഈ ലക്ഷണങ്ങളാണ് ധർമ്മമെങ്കിൽ ലോകത്തിലിത് യൂണിവേഴ്സലാണ് എവിടെ പോയി അന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റും അവൻ ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ ആശ്രമത്തിലോ എവിടെപ്പെട്ടവനാണെങ്കിലും ഈ ലക്ഷണമുണ്ടോ അവൻ ബ്രാഹ്മണനാണ് അവൻ ജ്ഞാനിയാണ് ജീവൻ മുക്തനാണ് അതിനെ ആരാണോ ഉപാസിക്കുന്നത് ഏതു ധർമ്മ്യാമൃതം യഥോക്തം ഈ പറഞ്ഞ രീതിയിൽ ആരുപാസിക്കുന്നുവോ ശ്രദ്ധദാനാഹ ശ്രദ്ധയോടെ ഉപാസിക്കണോ മത്പരമാ ഭഗവത്പരന്മാരായിട്ട് ആരും ഉപാസിക്കുന്നു അവരെനിക്ക് ഏറ്റവും പ്രിയങ്കരന്മാരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അപ്പോ ഭഗവാന്റെ ഇഷ്ടം സമ്പാദിക്കാൻ എന്ത് വേണം ഈ ലക്ഷണങ്ങൾ വരണം എന്നാണ് അപ്പോ ഭഗവാൻ നമ്മളെ കട്ടുകൊണ്ടുപോയിക്കോളും മോഷ്ടിച്ചുകൊണ്ട് പോയിക്കോളും നമ്മൾക്ക് ഈ ലക്ഷണം ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ ഭഗവാൻ നമ്മളുടെ അടുത്ത് വരിക പക്ഷേ ഈ ലക്ഷണം എങ്ങനെ വരും അതാണ് പാരഡോക്സ് ഭഗവാൻ വന്നാലേ വരൂ അപ്പൊ അത് വേറൊരു സൈഡാണത് ഈ ലക്ഷണങ്ങൾ വരണമെങ്കിൽ ഭഗവാൻ വന്നാലേ വരുള്ളൂ വെളിച്ചം വന്നാലല്ലേ ഇരുട്ട് പോവുകയുള്ളൂ അപ്പൊ ഭഗവാനെ വിളിക്കാം അതേസമയം ഭഗവാൻ പറഞ്ഞത് കേൾക്കും വേണം ഇത് വളരെ വളരെ കോംപ്ലിമെന്ററി സപ്ലിമെന്ററി പോലെയാണ് ഭഗീത ഭഗവാൻ പറഞ്ഞത് കേൾക്കാതെ ഭഗവാനെ പാടുകയും സ്തുതിക്കുകയൊക്കെ മാത്രം ചെയ്താലും ഭഗവാൻ ഇഷ്ടാവില്ല അതേസമയം അപ്പൊ ഭഗവാനെ പാടുകയും സ്തുതിക്കൊന്നും വേണ്ട ഈ ലക്ഷണങ്ങൾ വരുത്തിയാ മതി അതും ശരിയല്ല രണ്ടും ചേർന്ന് ഇണങ്ങിക്കൊണ്ടു പോകണം ഭക്തി സാധനകൾ ചെയ്യണം അതേസമയം ഈ ലക്ഷണങ്ങളെ കഴിയുന്നതും കഴിയുന്നതും നിലനിൽക്കാൻ ശ്രമിക്കണം ഇതൊന്നും വന്നിട്ടില്ലെങ്കിൽ ഭഗവാനെ ഈ ലക്ഷണങ്ങളൊന്നും എന്റെ അടുത്ത് വരണില്ലല്ലോ എന്ന് പറഞ്ഞ് കരയണം അല്ലാതെ ഇതൊക്കെ എനിക്ക് ഗുരുവായൂർപ്പം തരും ഇപ്പോഴൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല ഈ ലക്ഷണങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഭഗവാൻ്റെ അടുത്ത് കരയണം ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു ഈ ലക്ഷണങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഭഗവാൻ നമ്മളെ സ്വീകരിക്കില്ല അപ്പൊ പറഞ്ഞു ഭഗവാൻ വന്നിട്ടില്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ എങ്ങനെ വരും അപ്പൊ എന്തു പറണം ഭഗവാനെ നീ വന്ന് ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊള്ളണം എന്ന് അതിന് ശ്രമിക്കുകയും അർപ്പണം ചെയ്യുകയും വേണം അതാണ് നമ്മളുടെ വശത്തുനിന്ന് നടക്കേണ്ടത് അല്ലാതെ ശരിയാവില്ല ആ ശരണാഗതിയാണ് ഭക്തിയുടെ പരമകാഷ്ഠ